തദ്ധീന നിരൂപണത്വ പ്രയത്ന ഭ സഹി ഭാവന വിഷയ യാഗം സാമുജ്യാഗാദികളെല്ലാം ഭാവനയുടെ വിഷയമാണ് ഭാവനയുടെ വിഷയം പ്രവൃത്തിയുടെ വിഷയമാണ് സ്വർഗ്ഗകാമോ അജയിത സ്വർഗത്തോ കാമിക്കുന്നവൻ യാഗം ചെയ്യണം എന്ന് പറയുമ്പോ ആ വാക്യത്തിൽ നിന്ന് ആ വാക്യം കേൾക്കുന്നവന് പ്രവൃത്തിയെ കുറിച്ചുള്ള ബോധം ഉണ്ടാവും അതിനാണ് ആർത്തി ഭാവന എന്ന് പറയും ആർത്തി ഭാവനച്ച പ്രവൃത്തി അതിനെക്കുറിച്ച് ബോധം ഉണ്ടാകും ഇവിടെ പ്രവർത്തിക്കുന്ന യാഗത്തിൽ യാഗത്തിൽ പ്രവർത്തിക്കണേ അതിനുവേണ്ടിയും സ്വർഗത്ത് പോവാൻ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പ യാകം അതെന്ന യാകാം അതിന് അവസാനം ഇതം നമ എന്ന സങ്കല്പം വരെ ഇതെന്തല്ല എന്ന് പറഞ്ഞിട്ട് ഭവിസെടുത്ത് ദേവതയ്ക്ക് സമർപ്പിക്കും ദേവതയ്ക്ക് സമർപ്പിക്കുമ്പോൾ അതാണ് യാഗം പൂർത്തിയാകുന്നത് പറയുന്നു അപ്പൊ തന്റെ ഹവീസെടുത്തിട്ട് എന്ത് ചെയ്യുന്നു ദേവതയ്ക്ക് സമർത്ഥിക്കുന്നു യജമാനാണെങ്കിൽ യജമാനു വേണ്ടി വർത്തിക്കുകയാണ് അതൊരു സങ്കല്പമാണ് ക്ഷണികമാണ് അത് കഴിഞ്ഞ് യാഗം പൂർത്തിയായി ഒരുപാട് പ്രവൃത്തികളുണ്ട് അപ്പൊ അങ്ങനെയുള്ള യാഗം എന്ന് പറയുന്നത് പ്രവൃത്തിയുടെ വിഷയമാണ് അതാണ് സഹി യാഗം പ്രവൃത്തിയുടെ വിഷയം പൂർവീമാംസിയാണ് അദ്വൈതമല്ല പറയുന്നത് അധീന നിരൂപണത്വ യാധീന നിരൂപണമാണ് പ്രയത്നസ്യ ഭാവനായ പ്രയത്നം എന്ന് പറഞ്ഞാൽ ഭാവന എന്ന് വെച്ചാൽ പ്രയത്നാർത്ഥി ഭാവം അത് യാഗാധീന നിരൂപണമെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ആ പ്രവൃത്തി ൂർണമാകുന്നത് യാഗം പൂർണ്ണമാകുമ്പോഴാണ് അതാണ് യാഗത്തിന് അധീനമാണ് അതിൻ്റെ നിരൂപണം എന്ന് വെച്ചാൽ യാഗത്തിൻ്റെ അധീനമായിട്ടാണ് ഈ പ്രവൃത്തികൾ നടക്കുന്നത് യാഗാധീന നിരൂപണത്വം പ്രയത്നസി ഭാവനായ പ്രയത്നം തന്നെ ഭാവന ആർത്തിന ഈ പ്രയത്നങ്ങൾ കൊണ്ട് യാഗം പൂർണമാകുന്നുണ്ട് പറയുന്നു യാഗത്തിന് അധീനമാണ് ഈ പ്രവർത്തികളൊന്നി പ്രവൃത്തി കൊണ്ട് യാഗം പൂർണമാകുന്നു യാഗാധീന നിരൂപണമാണ് യാഗത്തെ സംബന്ധിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോ എന്താണ് യാഗം എന്ന് പറയുന്നത് പ്രവൃത്തിയുടെ വിഷയമെന്നും പറയാം പ്രവൃത്തിയുടെ വിഷയം ഭനാ വിഷയ എന്ന് പറഞ്ഞത് എന്താണ് ബന്ധന ധാ വിഷയപദുപത്തെഹ ചിതാത്മാനം വിന്തി അവ നിരൂപണീയം കുറുവന്തി നേരത്തെ വന്നാണ് തുടക്കത്തിൽ യുഷ്മ പ്രത്യേക പൂജ വിഷയ വിഷയണോ അവിടെ വിഷയ ശബ്ദത്തിന് അർത്ഥം പറഞ്ഞാണ് എന്റെ വിത്പത്തി ദേഹേന്ദ്രിയാദികളെ എന്ത് ചെയ്യുന്നു ചിതാത്മാനം ഷിഞ്ി ബന്ധന എന്ന് പറയുന്ന ധാഗു എന്നാണ് ശബ്ദം ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ ബന്ധിപ്പിക്കുന്നു ആത്മാവിനെ ചിതാത്മാവിനെ ബന്ധിപ്പിക്കുന്നു എങ്ങനെ സേനരൂപേണ നിരൂപണി കുർബന്ധി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ആത്മാവാണെന്ന് ദേഹത്തിൽ അഭിമാനിക്കുന്നു ആത്മാവിനെ ദേഹരൂപത്തിലാണ് ഇന്ദ്രിയ രൂപത്തിലാണ് അതിനുള്ള താതാമ്യപ്പെടുത്തുന്നു അതുകൊണ്ടാണ് അതിന് ദേഹാദികൾക്ക് വിഷയമെന്ന് പേര് വന്നത് ആത്മാവ് വിഷയവും വിഷയവും വേറെയാണുണ്ടോ ആത്മാവ് വേറെ വിഷയവും പക്ഷെ ദേഹാന്തിര അദികളെ എന്ത് ചെയ്യുന്നു ധരിപ്പിക്കുന്നു അതുകൊണ്ട് ദേഹാന്തിരി ദേഹേന്ദ്രിയങ്ങൾക്കെല്ലാം വിഷയം പേര് വന്നു അതിലൂടെ യാഗം എന്ന് പറയുന്നത് എന്താണ് ബന്ധിപ്പിക്കുന്നതാണ് എന്തിനോട് പ്രവൃത്തിയോട് പ്രവൃത്തിയുടെ വിഷയമാണെന്ന് പറഞ്ഞാൽ പ്രവൃത്തി യാകുന്നതൊരു ബന്ധമുണ്ട് അതാണ് തത് അധീന നിരൂപണം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി യാകവും തമ്മിലൊരു ബന്ധമുണ്ട് അതുകൊണ്ടാണ് പ്രവൃത്തിയുടെ വിഷയം യാഗം എന്ന് പറയുന്നത് ആ നിരൂപ്യ നിരൂപക ബന്ധം യാഗത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഒരാൾ പറയുന്നത് കൃഷിയിൽ പ്രവർത്തിക്കുന്നു വ്യവസായത്തിൽ പ്രവർത്തിക്കുന്നു പറയുമ്പോഴാണ് യാഗത്തിൽ പ്രവർത്തിക്കുന്നു അപ്പൊ രണ്ടും നമ്മൾ ബന്ധമുണ്ട് സർവകാമേതാന്ന് കേട്ടുകഴിഞ്ഞാൽ ഒരാൾ യാഗത്തിൽ പ്രവർത്തിക്കുന്നു അപ്പോ യാഗം വിഷയമായി പരസ്പര ബന്ധമുള്ളതുകൊണ്ട് അതുകൊണ്ട് ഷിഞ്ചി ഷിഞ്ചി ബന്ധന ഇത് ശ്രദ്ധാദോഹോ വിഷയപഥ ചിഞ്ഞ് ബന്ധം എന്ന് പറയുന്ന ധാതു വിഷയം എന്ന് പറയുന്ന ശബ്ദം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഭാവനാ വിഷയം എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയുമായി ബന്ധമുള്ളതെന്ന് പറഞ്ഞു യാഗത്തിന്റെ പ്രത്യേകതകൾ പറയുന്നു പ്രമാണമാണ് വാക്യങ്ങൾ അപ്പൊ ആ വാക്യങ്ങൾ എന്തു ചെയ്യുന്നു ഒരുവനെ ത്യാഗം ചെയ്യുന്നവനെ പ്രവർത്തിപ്പിക്കുന്നു യാഗത്തിൽ എന്നിട്ട് യാഗം സ്വർഗം ഇതിനെയൊക്കെ ബോധിപ്പിക്കുന്നു വെറും ബോധിപ്പിക്കുന്നുണ്ട് അവനെ അതിൽ പ്രവർത്തിപ്പിച്ചിട്ട് അവനെ ബോധിപ്പിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് ധർമ്മജ്ഞാനവും ബ്രഹ്മജ്ഞാനവും വ്യത്യാസം പറയുന്നത് ബ്രഹ്മജ്ഞാനം എന്ന് വെച്ചാൽ ബോധിപ്പിക്കത്തേ ഉള്ളു പ്രവർത്തിപ്പിക്കത്തില്ല ഉദാഹരണം പറയും പുസ്തകത്തെ ഞാൻ കാണുന്നു കണ്ണ് എന്തു ചെയ്യുന്നു പുസ്തകത്തെക്കുറിച്ച് ജ്ഞാനം ഉണ്ടാക്കുന്നു അത്രയേ ഉള്ളൂ കാഴ്ച അല്ലാതെ പുസ്തകം എടുക്കണമെന്നോ തുറക്കണമെന്നോ വായിക്കണമെന്നോ അതൊന്നും കണ്ണ് പറയുന്നില്ല കണ്ണ് പുസ്തകത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരുന്നു പുസ്തകം ജ്ഞാനം ഉണ്ടാകുന്നു അതുപോലെയാണ് ബ്രഹ്മജ്ഞാനം വാക്യം ശ്രവിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മത്തിന്റെ ജ്ഞാനം ഉണ്ടാകുന്നു എന്തെങ്കിലും പ്രവർത്തിക്കാൻ ആ വാക്കി ആവശ്യപ്പെടുന്നില്ല പുസ്തകത്തെ നോക്കിക്കഴിഞ്ഞാല് കണ്ണു പറയും പുസ്തകം തുറക്കാൻ പുസ്തകത്തിന്റെ അറിവുണ്ടാവും പ്രത്യക്ഷം ഞാനും ഉണ്ടാവും അതുപോലെ സത്യം ഞാനോ ആനന്ദം ബ്രഹ്മന്നൊക്കെ കേട്ടുകഴിഞ്ഞാൽ എന്ത് വരും ബ്രഹ്മത്തെ കുറിച്ചുള്ള ഞാനും ഉണ്ടാവും ശബ്ദം ഞാനുണ്ടാവും ശബ്ദം ധർമ്മത്തെ കുറിച്ചുള്ള ഞാൻ ശബ്ദം ഞാനോ ശബ്ദം ഞാനോ എന്താ വ്യത്യാസം ശബ്ദം ഞാനോ ശബ്ദം ഞാനു ശബ്ദം എന്താണോ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യജ്ഞാനം സത്യം ഞാനും അനന്തം ബ്രഹ്മന്ന് കേൾക്കുമ്പോ ആ ശബ്ദം നമ്മള് കേൾക്കുന്നു ചെവിയിലൂടെ അപ്പൊ ആ ശബ്ദത്തെ കുറിച്ച് നമുക്കുണ്ടാകുന്ന ബോധമാണ് ശബ്ദം ഞാൻ ശബ്ദം ഞാൻ പറഞ്ഞാൽ ആ അർത്ഥത്തെ അറിയുന്നാണെന്ത് ശബ്ദം ഞാൻ അതൊക്കെ തിരിച്ചറിയുന്നു അപ്പൊ ആ വ്യത്യാസം പറയാണ് അതായത് സത്യം ജ്ഞാനം അനന്ത ബ്രഹ്മ എന്ന് പറയുമ്പോ ശബ്ദം ആ ശബ്ദം കേൾക്കുമ്പോ എന്ത് നമുക്ക് ബോധം ഉണ്ടാകുന്നു ശബ്ദം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് പറയുന്ന ശബ്ദ ശബ്ദത്തെ കുറിച്ചുള്ള ബോധമുണ്ടാവും ആ ആ ശബ്ദത്തിന് ഒരർത്ഥമുണ്ട് വെറും ശബ്ദമുണ്ട് ആ ശബ്ദത്തിനർത്ഥമുണ്ട് ആ അർത്ഥത്തെക്കുറിച്ച് ബോധം ഉണ്ടാകുന്നതാണ് എന്ത് ശബ്ദം ഇപ്പൊ പശു എന്ന് പറയും പശു കഴിഞ്ഞാൽ ശബ്ദത്തെ നമ്മള് കേൾക്കുമ്പോൾ ശബ്ദത്തെ കുറിച്ച് ജ്ഞാനം ഉണ്ടാവും പശു നമ്മുടെ കർണപുടങ്ങളിൽ ആ ശബ്ദം പതിഞ്ഞിട്ട് നമ്മുടെ ഉടൽ പശു ആ ശബ്ദത്തെ അറിയുന്നു ശബ്ദജ്ഞാനം എന്ന് പറയുന്നത് നമുക്കും ഉണ്ടാവും മലയാളിക്കുണ്ടാവും സായിപ്പിനും ഉണ്ടാവും എന്തുകൊണ്ട് സായിപ്പ് പശു എന്ന് കേട്ടാലും പശു എന്നുള്ള ജ്ഞാനം സായിപ്പിനുണ്ടാവും പക്ഷെ അർത്ഥം ഞാനും ആർക്കുണ്ടാവും മലയാളിക്കേ ഉണ്ടാവും എന്തുകൊണ്ട് പശു എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം അതായത് ശബ്ദജ്ഞാനം മലയാളിക്കുണ്ടാവും സായിപ്പിനുണ്ടാവും എന്താ സായിപ്പിന് കൗ എന്ന് പറഞ്ഞാൽ അർത്ഥം പശു എന്ന് പറഞ്ഞ അർത്ഥം ഞാനും ഉണ്ടാകും അപ്പൊ അർത്ഥത്തെക്കുറിച്ചുള്ള ബോധമാണ് ശബ്ദം ഞാൻ വ്യതിഹാസനത്തിന്റെ അങ്ങൊന്നും പോകണ്ട ഈ പറയുന്ന മാത്രം മനസ്സിലാക്കി ആവശ്യമില്ലാത്തടത്തൊന്നും പോകണ്ട എന്താണ് ശബ്ദം ഞാനും എന്താണ് ശബ്ദം ഞാനും മാത്രം മനസ്സിലാക്കി മ യോ ചെയ്യുന്ന കേട്ടു കഴിഞ്ഞാലോ ആ വേദവാക്യം എന്തു ചെയ്യുന്നു അവനെ പ്രേരിപ്പിക്കുന്നു എന്തിനു ആ പ്രവൃത്തി ചെയ്യുന്ന ആ പ്രവൃത്തിയിലേക്ക് അവനെ നിയോഗിക്കുന്നു മനസ്സിലായേ പ്രവൃത്തിയിലേക്ക് അവനെ നിയോഗിക്കുന്നു നീ ചെയ്യൂ സ്വർഗവാമോ നീ ചെയ്ത വിധിയാണ് വിധിയായതുകൊണ്ട് അവന് അത് ചെയ്യാനാവശ്യപ്പെടുകയാണ് അപ്പം അവനതിനെ പ്രേരിപ്പിക്കുകയാണ് സത്യജ്ഞാനാനന്ദം ബ്രഹ്മെന്ന് പറഞ്ഞാൽ അവിടെ വിധിയുണ്ടോ അത് വ്യത്യാസം പറയും यागादेहे या इच्छा उपहार एव ഹാര അവബോധയതി ചോദനം ധർമ്മചോദന ധർമ്മത്തെക്കുറിച്ചുള്ള ഉപദേശം ഭേദമാക്കി അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു അത് ഭാവനയെ അതാണ് സ്വർഗത്തിന് ഉപായം എന്നത് ബോധിപ്പിക്കുന്നു ഭാവനച്ച എന്താണ് പ്രവൃത്തി എന്തിനുള്ള പ്രവൃത്തി യാഗത്തിലുള്ള പ്രവൃത്തി കൃഷിയിലുള്ള പ്രവൃത്തി എന്ന് പറയുമ്പോൾ യാഗത്തിലുള്ള പ്രവൃത്തിയാണ് ഉപായം എന്ന് ബോധിപ്പിക്കുന്നു ചോദന ധർമ്മചോദന തദ്വാരേയാണ് അപ്പൊ ആ പ്രവൃത്തിയിലൂടെ യാഗാദേഹേ യാഗാദികൾക്ക് പ്രവർത്തിച്ചാൽ യാഗം ഉണ്ടാകത്തുള്ളൂ അപേക്ഷിത ഉപായതാം അപേക്ഷിതമായിരിക്കുന്ന സ്വർഗാദി ഫലങ്ങൾ അതിന്റെ ഉപായമാണ് അതിനുള്ള വഴിയാണ് നേടാനുള്ള വഴിയാണ് എന്നുള്ള കാര്യം അവബോധയതി ബോധിപ്പിക്കുന്നുണ്ട് ധർമ്മചോദനം അപ്പൊ ധർമ്മചോദനം ബോധിപ്പിക്കുന്നു ഒന്ന് പ്രവൃത്തിയെ പിന്നെ പ്രവൃത്തിയിലൂടെ യാഗത്തെ പിന്നെ യാഗം സ്വർഗത്തിന് സാധനമാണ് എന്നുള്ള കാര്യം അത് ബോധിപ്പിക്കുന്നു വേദം ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് പറയണം സ്വർഗകാമോ യജയ്താന്ന് പറഞ്ഞാൽ ഒരുത്തരന്തിന് യാഗം ചെയ്യണം അപ്പൊ ആ വാക്യം എന്തു ചെയ്യുന്നു ഒരാളെ പ്രവൃത്തിയെക്കുറിച്ച് ബോധിപ്പിക്കുന്നു യാഗത്തെക്കുറിച്ച് ബോധിപ്പിക്കുന്നു യാഗ സ്വർഗത്തിന് ഉപായമാണെന്ന് ബോധിപ്പിക്കുന്നു അങ്ങനെ ബോധിപ്പിച്ചുകൊണ്ട് തത്ര ഇച്ഛാ ഉപഹാരമുഖേന അവിടെ എന്ത് ചെയ്യുന്നു അവിടെ ഇച്ഛയെ ഉണ്ടാക്കുന്നു ആ യാഗത്തിൽ അവന് ഇച്ഛ ഉണ്ടാക്കുന്നു എന്തുകൊണ്ട് യാഗം ചെയ്ത സ്വർഗ്ഗം കിട്ടും സ്വർഗത്തിന്റെ ഉപായമാണെന്ത് യാഗമൊന്ന് ബോധിപ്പിക്കുമ്പോ അത്ര ആ യാഗത്തിൽ ഇച്ഛ ഉപഹാരമുഖേന ഇച്ഛയെ ഉണ്ടാക്കിക്കൊണ്ട് ഇച്ഛ നളകിക്കൊണ്ട് ഉപഹാരം എന്ന് വെച്ചാൽ നമ്മളാർക്കെങ്കിലും കൊടുക്കുന്നതാണ് സമ്മാനം ഇവിടെ ഇച്ഛയാണ് ഉണ്ടാക്കുന്നത് ഹാരമൊക്കെ ഇച്ഛയെ ഉത്പാദിപ്പിച്ചോണ്ടെന്നും പറയാം അപ്പൊ സ്വർഗകാമോ ഏരിയ കേൾക്കുമ്പോ യാഗത്തിൽ എന്തുകൊണ്ട് ഇച്ഛ ഉണ്ടാകുന്നു എന്തുകൊണ്ടാണ് സ്വർഗത്തിന് യാഗമാണ് വഴി എന്ന് മനസ്സിലാക്കുന്നു ഇതുവരെ പറഞ്ഞു കേൾക്കുന്നു തെളിയിക്കയുന്നു സ്വർഗത്തിനുപായം എന്നറിയുന്നോണ്ട് യാഗത്തിൽ ഇച്ഛ ഉണ്ടാക്കുന്നു ഏത് ആരാഴ്ച ഉണ്ടാക്കുന്നത് സ്വർഗകാമോ ആ ചോദന ഉപദേശം അപ്പൊ ഇച്ഛ ഉണ്ടായിക്കൊണ്ട് പുരുഷൻ നീഞ്ചാനേവ പുരുഷനെ പ്രവർത്തിപ്പിക്കുന്നു പുരുഷനെ പ്രവർത്തിപ്പിക്കുന്നു എവിടെ പ്രവർത്തിപ്പിക്കുന്നു പ്രവർത്തിപ്പിച്ചുകൊണ്ട് തന്നെ യാഗാദിധർമ്മം വെറും യാഗത്തെ ബോധിപ്പിക്കുകയല്ല അതിൽ അവനെ പ്രേരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് യാഗാദിധർമ്മത്തെ എന്തെയ്യുന്നു അവബോധയതി ബോധിപ്പിക്കുന്നു ആര് ആര് ബോധിപ്പിക്കുന്നു ധർമ്മന ധർമ്മോപദേശം ഞാൻ അന്യത അല്ല വേറെ ഇവിടെ ഒന്നുമില്ലാന്ന് വേറെ ഒരു ആളില്ല അവിടെ പുരുഷനില്ല ഇതെല്ലാം ചെയ്യുന്നവരാണോ ഈ വാക്യമാണ് ലോകത്തിലങ്ങനെയല്ല ഗാം ആനയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വ്യക്തിയാണ് അവനിൽ പ്രേരണ ഉണ്ടാക്കി അവനെ കൊണ്ട് പ്രവർത്തിപ്പിച്ച് പശുവിനെ കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നു വേദത്തിൽ അങ്ങനെ ഒരാളില്ലാത്ത ബ്രഹ്മചോദനയും ധർമ്മചോദനയും രണ്ടു തരത്തിലാണ് ഈ ധർമ്മചോദന എന്തു ചെയ്യുന്നു യാഗമാണ് സ്വർഗത്തിന് ഉപായം എന്ന് ബോധിപ്പിച്ചിട്ട് അപ്പൊ സ്വർഗത്തിൽ ഇഷ്ടമുള്ളത് യാഗത്തിൽ അവന് ഇഷ്ടമുണ്ടാക്കി അവന് പ്രേരണ ഉണ്ടാക്കി അവനെ നിയോഗിക്കുന്നു അവനെ പ്രവർത്തിപ്പിക്കുന്നു ഇതാണ് ധർമ്മചോദ്യ പ്രക്രിയ എങ്ങനെയാണ് വാക്യങ്ങൾ മനുഷ്യൻ പ്രവർത്തിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ ഇത് വലിയൊരു ചർച്ചാ വിഷയമാണ് വിവാഹം ചെയ്ത് എങ്ങനെ ശബ്ദബോധമുണ്ടാവും ശബ്ദം കേട്ടുകഴിഞ്ഞാൽ എങ്ങനെ ബോധമുണ്ടാവും അങ്ങനെ ബോധമുണ്ടായാൽ അതെങ്ങനെ പ്രവർത്തിക്കുകയും കാരണമായിട്ട് ീ പറയുന്ന ധർമ്മചോദന പ്രവർത്തിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ ഉള്ളിൽ ഇഷ്ടത്തെ ഉത്പാദിപ്പിച്ചിട്ടാണ് ഇഷ്ടമില്ലെങ്കിൽ ആരും യാഗം ചെയ്യും ഇഷ്ടമില്ലെങ്കിൽ ആരും യാഗം ചെയ്ത് അപ്പൊ അവന്റെ കൂടെ ഇഷ്ടം ഉണ്ടാക്കണം ഇഷ്ടം എന്തുകൊണ്ടുണ്ടാകുന്നു ഇഷ്ടം എങ്ങനെയുണ്ടാക്കുന്നത് ഫലത്തെക്കുറിച്ച് ഇതിന്ന ഫലത്തിനുള്ളതാണെന്ന് അറിയുമ്പോൾ അവന് ഇഷ്ടമുണ്ടാകും പുത്രനു വേണ്ടി യാഗം പറയും അപ്പൊ പുത്രഫലം അതവന് ഇഷ്ടമാണല്ലോ അല്ലെങ്കിൽ ഉപായമായ യാഗത്തിന് അവന് ഇഷ്ടമുണ്ടാകും അങ്ങനെ യാഗത്തിന് ഇഷ്ടമുണ്ടാകുന്നുണ്ട് അവൻ യാഗം പ്രവർത്തിക്കും കാര്യകാരണസഹിതം മീമാംസകര് പറയണം നിങ്ങൾ യാഗം ചെയ്യണം നിങ്ങൾ യാഗം ചെയ്യുന്നത് ഇവർ യുക്തിയുണ്ട് മീമാംസാ വിചാരം എന്ന് പറയുന്നു ഇവരുതേ യാഗം ചെയ്യല്ല വേദ സ്പഷ്ടമായി പറയുന്നു യാഗം ചെയ്ത പുത്രനുണ്ടാവും അപ്പൊ നിങ്ങൾ പുത്രനെ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ എന്ത് ചെയ്യും ആ പുത്രനെ ഉണ്ടാക്കിത്തരുന്ന യാഗത്തിനോട് ഇഷ്ടമുണ്ടാവും യാഗത്തിന് ഇഷ്ടമുണ്ടാകുമ്പോൾ എന്ത് നിങ്ങൾ യാഗപ്രവൃത്തി ചെയ്യും അതിനൊക്കെ കാരണമായതാര് എന്താണ് ഇതിനൊക്കെ കാരണമായത് ആ വേദവാക്യം വേദവാക്യത്തിലാണ് ഫലത്തെക്കുറിച്ച് പറയുന്നത് അതിനാണ് യാഗത്തെക്കുറിച്ച് പറയുന്നത് അസുഖമായിട്ട് ഇഷ്ടമുണ്ടാവും അപ്പോൾ വാക്യം കേട്ടിട്ട് പ്രവർത്തിക്കും ഇന്നും നിങ്ങൾ ഈ അമ്പലത്തിലും അവിടെ ഇവിടെയൊക്കെ പൂജ ഹോമം ഒക്കെ നടത്തും നടത്തും അവന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ഇതേ യുക്തി തന്നെയാണ് ഈ പറയുന്ന വ്യക്തി തന്നെയാണ് വേദത്തിൽ പറഞ്ഞ കാര്യം പറയുന്നത് പൂജാരിയുടെ അടുത്തിട്ടും അവിടെ വേദമല്ല പൂജാരി പറയുന്നു ഈ പരീക്ഷ പാസ്സാവണമെന്ന് അവന്റെ അർച്ചന നടത്തണം പരീക്ഷ പാസ്സാകാന്ന് പറയുന്ന ഫലം ഫലത്തിന് അവൻ െയ്യുന്നു അർച്ചനുവരുന്ന പ്രവൃത്തിയിൽ അവന് ഇഷ്ടമുണ്ടാവുന്നു അവന് ഇഷ്ടമുണ്ടാവുന്നു ഇഷ്ടം ഉണ്ടാവുമ്പോ ചെയ്യുന്നു അവൻ അർച്ചന ചെയ്യുന്നുണ്ടി ഇവിടെ ആരാണ് ഒരു പൂജാരി ഉണ്ട് പറഞ്ഞുകൊടുക്കാൻ അവിടെ പൂജാരി ഇല്ലാത്ത ആര് പറയുന്നു വേദം തന്നെ പറയും ഇതാണ് വ്യത്യാസം കുറവ് മീമാംസയുടെ ഈ അടിസ്ഥാനമാണ് ഇന്ന് നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ തന്ത്രമന്ത്രാദികളുടെ എല്ലാ അടിസ്ഥാനങ്ങളാണ് പിന്നെ പണ്ടങ്ങനെ പറഞ്ഞപ്പോ സ്വർഗകാമിതാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ജനങ്ങളല്ല അത് വിശ്വസിച്ച് എന്തുകൊണ്ടാണ് വിശ്വസിച്ചത് അതവര് വിശ്വസിക്കാൻ കാരണം ഈ പണ്ഡിതന്മാര് പിൽക്കാലത്ത് വന്നു ഇതിന് കുത്തിയിരുന്ന് ഇങ്ങനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ചെന്ത് ചെയ്ത് വിശ്വസിപ്പിച്ച് ഇത് ഇത്രയും കൃത്യമായി പറയുകയാണ് അനാദിയായിരിക്കുന്ന വേദം ഇത് പറയുന്നു എന്ന് പറഞ്ഞ് ഇത് വ്യാഖ്യാനത്തിലൂടെ ഫലമുണ്ടാകുന്നു ഫലത്തിന് കാരണം യാഗമാണ് ഫലത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ യാഗത്തിന് ഇഷ്ടമുണ്ടാകും അതുകൊണ്ട് വേദം പറയുന്നു നിങ്ങൾ യാഗത്തിൽ പ്രവർത്തിക്കണമെന്നും ഇങ്ങനെയെല്ലാം വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് അവരുടെ ഇഷ്ടമുണ്ട് യാഗം ചെയ്യുന്നു ഇത് നിങ്ങൾ ചെയ്യുന്ന അത് അതേ തട്ടിപ്പി തന്നെയാണെന്ന് ചെയ്തു വൈദികൻ പാരമ്പര്യം അതാണ് അവിടെ മനുഷ്യർ ഈ വ്യാഖ്യാനം കേട്ടു കേട്ട് കേട്ട് കേട്ടിട്ടില്ലെങ്കിൽ വിശ്വസിക്കുന്നു ഇന്നും അങ്ങനെ തന്നെയാണ് ആ വിശ്വാസമുള്ള മനുഷ്യരത് ചെയ്തു ഓ ഇത്രയൂടെ ഇരിക്ക ബാക്കി പറയുന്നത് എന്താണ് ബ്രഹ്മചോദന ഇനി അതാണ് ഇപ്പൊ ധർമ്മചോദനം കഴിഞ്ഞാൽ ബ്രഹ്മചോദനയുടെ പ്രത്യേകത എന്താണ് പുരുഷം അവബോധയത്യേവ കേവലം നദോ പ്രവർത്തയന്തി പ്രവർത്തയന്തി പ്രവർത്തയന്തി അവബോധയ പ്രവർത്തയന്തി ദീർഘമാണ് പ്രവർത്തയന്തി അവബോധയ പ്രവർത്തയന്തി എന്ന് പറയുന്ന ശത്രു തോന്നും പ്രവർത്തിപ്പിച്ചുകൊണ്ട് അവബോധയ ബോധിപ്പിക്കുന്നില്ല ബ്രഹ്മന എന്ത് ചെയ്യുന്നു പുരുഷം അവബോധയത്യേവ കേവലം അനന്തം ബ്രഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവനെ ബോധിപ്പിക്കുന്നു എന്ത് എന്തിനെ ബോധിപ്പിക്കുന്നു സത്യവും ജ്ഞാനവും അനന്തവുമായി ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു അപ്പൊ ഈ പറയുന്നതെന്ന് തന്നെ മനസ്സിലാകാം സത്യവിജ്ഞാനോ അനന്തം ബ്രഹ്മ എന്ന് പറയുന്ന വാക്യം നമ്മൾ കേൾക്കുമ്പോ ഉണ്ടാകുന്ന ആ ബോധം അതിനാണ് ബ്രഹ്മബോധം എന്ന് പറയുന്നത് കാരണം അവിടെ അങ്ങനെ ഒരു ബോധം ഉണ്ടായതിനു ശേഷം എന്തെങ്കിലും ചെയ്യാൻ പറയുന്നില്ല പറയുന്നുണ്ടോ യജേത എന്നൊക്കെ പറയുന്ന പോലെ കുര്യ എന്നൊക്കെ പറയുന്ന പോലെ സത്യഞ്ജാന ആനന്ദം ബ്രഹ്മ ഇത്രയേ പറയുന്നുള്ളൂ അപ്പോ ഈ വാക്യം കേൾക്കുമ്പോൾ നിനക്ക് സത്യവും ജ്ഞാനവും ആനന്ദവുമായ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നു ഇതാണ് ബ്രഹ്മബോധം എന്നുവെച്ചാ ശാബ്ദാനമാണെന്തത് ബ്രഹ്മബോധം ഇവിടെ ഒന്നും ചെയ്യാൻ പറയുന്നില്ല അപ്പൊ പിന്നെ ഇനിയൊന്നും ചെയ്യാനില്ല ോധമുണ്ടായി പിന്നെ ഇനി എന്താ ചെയ്യും അർത്ഥ വിചാരം ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാ എന്ത് വേണം സത്യം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം അറിയണം ജ്ഞാനം ആ ശബ്ദത്തിന്റെ അർത്ഥം അറിയണം അനന്തം ഇതിന്റെയൊക്കെ അർത്ഥം അറിയണം ഈ ശബ്ദങ്ങളുടെ ഒക്കെ അർത്ഥം അറിയാവുന്ന ഒരാൾക്ക് ബോധം ഉണ്ടാവും സാഹിബിന്റെ അടുത്ത് പറഞ്ഞ ബോധം ഉണ്ടാവും മലയാളി എടുത്ത് പറഞ്ഞ ബോധം ഉണ്ടാവും പിന്നെ ആരെ അടുത്ത് പറയണം സംസ്കൃതം അറിയാമെന്നുള്ളു പവന് ബോധം ഉണ്ടാവും അല്ലെങ്കിൽ സംസ്കൃതം പിടിച്ച മലയാളിയുടെ അടുത്ത് പറയും അപ്പൊ ഇതാണ് ബ്രഹ്മചോദനയുടെ പ്രത്യേകത അതൊന്നും പ്രവർത്തിക്കാൻ പറയുന്നില്ല പറയുന്നു അവന് കേൾക്കുന്നവന് ബോധമുണ്ടാവുന്നു പക്ഷെ അങ്ങനെ ബോധം ഉണ്ടാകുന്നതിന് അവൻ ഈ ശബ്ദത്തെക്കുറിച്ചുള്ള അറിവത്വം ഉണ്ടാവണം കൊതപദാർത്ഥം ഞാനും ഉണ്ടാവണം ഭിന്നപദത്തിന് ഇന്നതാണർത്ഥം എന്നുള്ള ബോധം ഉണ്ടാവും അപ്പം ഉണ്ടാകുന്ന ബോധമാണ് ശബ്ദജ്ഞാഷ്യത്തിൽ പറഞ്ഞത് ബ്രഹ്മചോദന അതോ ബ്രഹ്മചോദന ബ്രഹ്മോപദേശം പുരുഷം അവബോധേത്യേവ കേവലം കേവലം വെറും പുരുഷം അവബോധിയോ പുരുഷനെ ബോധിപ്പിക്കുന്നേ ഉള്ളു വേറൊന്നും ചെയ്യുന്നില്ല പിന്നെ പുരുഷരൊന്നും ചെയ്യും ബോധമുണ്ടായോ പിന്നെ ഒന്നും ചെയ്യാനില്ല ബോധം ഉണ്ടായില്ലേ പിന്നെ പലതും ചെയ്യാം അത് വേറൊരു കാര്യം ബോധമുണ്ടായാൽ പിന്നെ അവനൊന്നും ചെയ്യേണ്ട കാര്യം ഇല്ല ബോധം ഉണ്ടായില്ലെങ്കിൽ അവൻ പലതും ചെയ്യും പക്ഷെ വേദമൊന്നും പറയുന്നില്ല അത് വേദം പറയുന്നത് സത്യജ്ഞാനാനന്ദ ബ്രഹ്മ കേട്ട ബോധമുണ്ടാവണം എന്തുകൊണ്ട് ഭാഷ്യത്തിൽ പറയുന്നു ആ ബോധസ്യ ചോദന ജന്യത്തുവാൻ ആ ഉപദേശത്തിൽ നിന്ന് ബോധമുണ്ടായി ഉപദേശത്തിൽ നിന്ന് ബോധമുണ്ടായി എന്നാ പുരുഷോ അവബോധേ നിയുജ്യത പുരുഷനെ ബോധത്തിൽ നിയോഗിക്കുന്നില്ല എന്നുവെച്ചാൽ ബോധത്തിൽ പ്രവർത്തിപ്പിക്കുന്നില്ല പുരുഷനെ ബോധത്തിൽ പ്രവർത്തിപ്പിക്കുന്നില്ലെന്നറു കേട്ട് ബോധമുണ്ടായി അത്രയേ ഉള്ളൂ യഥാ അക്ഷ അർത്ഥ സന്നികർഷേണ അവബോധ ഏതുപോലെ വളരെ സിമ്പിളാണ് ഇപ്പോ അക്ഷം കണ്ണ് പുസ്തകം തമ്മിൽ സന്നിഹർഷം ഉണ്ടായി സംബന്ധമുണ്ടായി സന്നിവേശം സംബന്ധമാണ് കണ്ണും പുസ്തകവും തമ്മിൽ സന്നിവേശം ഉണ്ടായി പുസ്തകത്തിന് ഞാനും ഉണ്ടാകും അതുപോലെ വാക്യം സത്യജ്ഞാനം അനന്തം ബ്രഹ്മെന്ന് വാക്യം ഉണ്ടായി കഴിഞ്ഞാൽ കേട്ടാന്ന് വരും അങ്ങനെ അതിന്റെ അർത്ഥത്തിന്റെ ബോധം ഉണ്ടാകും അതാണ് ബ്രഹ്മജ്ഞാനം ഭാഷകാലും വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് അത് ഇതുപോലെ എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ വേറെ പ്രവൃത്തിയുടെ ആവശ്യമില്ല പിന്നെ ധ്യാനിക്കേണ്ട കാര്യം മനസിലായോ നിങ്ങള് കണ്ണ് പുസ്തകത്തിൽ പതിഞ്ഞാൽ പുസ്തകത്തിന്റെ ഞാനും ഉണ്ടാവും പിന്നെ ഞാനത്തെ ഉണ്ടാക്കണം ഞാനത്തി ഉണ്ടാകാൻ മറ്റെന്തെങ്കിലും വേണോ ഏർ ആ പുസ്തകത്തിൽ കണ്ണ് പതിഞ്ഞാൽ പുസ്തകത്തിന്റെ അറിവുണ്ടാകും അവിടെ അറിവിനെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടാക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇനി പുസ്തകത്തെ നോക്കിയിട്ട് പുസ്തകം എന്നുള്ള അറിവുണ്ടാകുന്നതിന് ധ്യാനിക്കണം പുസ്തകത്തെ നോക്കിയിട്ട് പുസ്തകം എന്നുള്ള അറിവുണ്ടാകുന്നതിന് ധ്യാനിക്കണം പക്ഷേ ഏഹ് ആ നിങ്ങൾക്ക് സത്യജ്ഞാനം അനന്തം ബ്രഹ്മന്ന് കേട്ടപ്പോൾ എന്ത് ബോധം ഉണ്ടായോ ആ ബോധത്തിനാണ് എന്തു പറയുന്നത് ബ്രഹ്മബോധം ്രഹ്മബോധം ഉണ്ടാവൂന്ന് എന്തുകൊണ്ട് യോജിക്കുന്നു ബ്രഹ്മബോധം എന്ന് വെച്ചാൽ വേറെന്തോ കൊട്ടത്തേങ്ങയാണെന്ന് വിചാരിച്ചിരിക്കുന്നു ഞാൻ അത് വേറെ കൊട്ടത്തേങ്ങിയൊന്നും അല്ല മനസിലായോ വേറെ കൊട്ടത്തേങ്ങിയെന്നും അല്ല സത്യജ്ഞാനം അനന്തം ബ്രഹ്മന്ന് കേട്ടപ്പോ ബോധം ഉണ്ടായോ എന്തെങ്കിലും ബോധം ഉണ്ടായോ അർത്ഥം ഒന്നും മനസിലായില്ല സത്യം എന്ന് പറഞ്ഞപ്പോ ബോധം ഉണ്ടായില്ല ജ്ഞാനം എന്ന് പറഞ്ഞ ബോധം അനന്തോന്ന് പറഞ്ഞ ബോധം ഉണ്ടായ ആ ബോധം തന്നെ വരുമ്പോ ഞാൻ ആർക്ക് ആ മാറ്റം ഉണ്ടാകും അതാണ് നീ പറയാൻ പോകുന്നു മാറ്റം എന്താണ് മാറ്റം ഉണ്ടാകുന്നത് ഏ മാറ്റം അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നെങ്കിൽ തലയ്ക്ക് പിടിക്കുന്ന എന്തെങ്കിലും വിളിച്ചെന്നാല് മാറ്റം ഉണ്ടാവും അല്ല ഇതുകൊണ്ട് അങ്ങനെ ഈ തലയ്ക്ക് പിടിക്കുമ്പോ അത് പിടിക്കുന്ന സാധനമാണ് കാര്യമായ ഒരു മാറ്റം വന്നെങ്കിൽ തലയ്ക്ക് പിടിക്കുന്ന എന്തെങ്കിലും വിളിച്ചു അല്ല ഈ ശബ്ദം കേട്ടിട്ട് നോക്കം വരുന്നു ബോധമുണ്ടാവും ബോധം ഉണ്ടാകുമ്പോ വരുന്ന മാറ്റം ബോധമില്ലായ്മ നശിക്കും ഇതുവരെ അറിയില്ലായിരുന്നു എന്താണ് ബ്രഹ്മ ഇപ്പൊ അറിഞ്ഞ് അത് സത്യമാണ് ജ്ഞാനമാണ് അനന്തമാണ് അപ്പൊ ഇതുവരെ ഉണ്ടായിരുന്ന അറിവില്ലായ്മ മാറി ഇത്രയും സിമ്പിളാണ് ഈ കാര്യം ഇവിടെ ഭാഷകാരം പറയൂ വേറെ ഒന്നും സംഭവിക്ക ഭക്ഷ്യകാലം പറയാ അപഗമനസ്യ പ്രയോജനം അനപഗമനം നിവൃത്തി അപഗമനം വെച്ച് അറിയുക അറിയുന്നതിന്റെ ഓരോരോ പ്രയോജനങ്ങളും എന്താണോ അറിവില്ലായ്മ മനസ്സിലായോ അറിയുന്നതിന്റെ പ്രയോജനം എന്താണ് അറിവില്ലായ്മ വരിക അല്ല വേറെ വേറെ പ്രയോജനം ഉണ്ടാകില്ല അങ്ങനെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണമെങ്കിൽ തടയ്ക്ക് പിടിക്കുന്ന എന്തെങ്കിലും വിളിച്ചല്ലോ ാണ് ഭാഷകാരന്റെ അഭിപ്രായം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അദ്വൈതം മനസ്സിലാക്കുന്നത് തങ്ങളെന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിട്ട് അതൊക്കെ സംഭവിക്കണമെന്ന് വിചാരിച്ചാണ് അദ്വൈത ഉത്തരവാദിയല്ല ബ്രഹ്മബോധം ഉണ്ടാകുമ്പോ ഒരു കിടുങ്ങലും പനിയും മെറയലും ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അത് വേറെ വിഷയം അതൊക്കെ ഇനി വരും എല്ലാം വരും ഇവിടെ ഇപ്പം ബ്രഹ്മജ്ഞാനത്തെ കുറിച്ച് മനസിലാവും ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്ന ഇതാണ് മറ്റെല്ലാം ഇവിടെ ചർച്ചക്ക് വരും ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭക്ഷ്യകാലം പറയുന്നു ശങ്കരായ ശങ്കരാചാര്യ എഴുതിയിരിക്കുന്നു വായിച്ചിട്ടല്ലേ ഞാൻ പറയുന്നു ഏതുവരെയാണ് ബ്രഹ്മജ്ഞാനം യഥാ അക്ഷ അർത്ഥ സന്നികർഷ അവബോധേ ചിരേന്ദ്രിയവും വിഷയവുമായിട്ട് സന്നിഖർഷം ഉണ്ടാകുമ്പോൾ ബോധമുണ്ടാകുന്നു വസ്തുവിന്റെ ബോധമുണ്ടാകുന്നു അതുപോലെ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ കേൾവിയിലൂടെയാണ് കൂടെ ബോധം ഉണ്ടാകുന്നത് അർത്ഥം ഞാനുണ്ടാകുന്നു അതായത് ഇന്നും ആൾക്കാരുടെ വലിയ തെറ്റിദ്ധാരണയുള്ളത് ഈ ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നത് വേറെന്തോ ഒക്കെ ചെയ്തിട്ടെന്നാണ് ബ്രഹ്മജ്ഞാനം ഉണ്ടാകേണ്ടത് അങ്ങനെയല്ല ഭാഷകാരും പറയുന്നത് ബ്രഹ്മജ്ഞാനം എന്തിൽ നിന്നുണ്ടാവണം എന്തിൽ നിന്നാണ് ബ്രഹ്മജ്ഞാനം ബ്രഹ്മചോദനയിൽ നിന്ന് ബ്രഹ്മചോദന എന്ന് പറയുന്നത് എന്താണ് സത്യജ്ഞാനം അനന്ത ബ്രഹ്മ പോലെയുള്ള വാക്യങ്ങൾ ഈ വാക്യങ്ങളിൽ നിന്നാണ് ബ്രഹ്മജ്ഞാനം ഉണ്ടാവേണ്ടത് ഈ വാക്യങ്ങളിൽ നിന്നെങ്ങനെ ബ്രഹ്മജ്ഞാനം ഉണ്ടാവും ഈ വാക്യങ്ങൾ കേൾക്കുമ്പോ ഈ വാക്യങ്ങൾ കേൾക്കുമ്പോ ആ വാക്യങ്ങൾ കേൾക്കുമ്പോ അടുത്ത് പാഴ്ചകാരൻ പറയും പദം അർത്ഥം ഇതിന്റെയൊക്കെ അറിവുള്ളവനായിരിക്കണം സത്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുള്ളവനായിരിക്കണം ഞാനും അനന്ത ഇതൊക്കെ ണിക്കാനുള്ള ഉദാഹരണം പറഞ്ഞത് കണ്ണുകൊണ്ട് പുസ്തകത്തിൽ നോക്കുമ്പോൾ പുസ്തകം ഞാൻ ഉണ്ടാവുന്നത് പോലെ മനസിലായ പക്ഷെ ഇത് ഭാമതികാരന് അത്ര പിടിക്കില്ല ഈ പറയുന്നു ഭാമതികാരൻ ഇതിനെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള രീതി വ്യാഖ്യാനിക്കുന്നു പക്ഷെ ഭാഷ്യകാലം പറയുന്ന ഇങ്ങനെയാണ് ഇതാണ് രണ്ടും തമ്മിൽ വ്യത്യാസം ഭാമനിയും ഭാഷ്യകാലം നമ്മൾ വ്യത്യാസം അവിടെ കിടക്കും അതിൻ്റെ അടുത്ത് പറയുമ്പോൾ നമുക്ക് വ്യക്തമാവും അതുകൊണ്ടാണ് പറയുന്നത് ഈ ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നതിന് സമാധി പോകേണ്ട ആവശ്യം സമാധിപ്പണെങ്കി ഒരുപാട് ജോലി ചെയ്യണം ഇല്ല അങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സമാധിപ്പാരില്ല എന്തു മതി ശബ്ദാർത്ഥം ഞാൻ അതുപോലെ അത് എന്ന ബ്രഹ്മം ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇവിടെ പറയുന്നത് പാവതികാലം മേഖലിക്കുമ്പോൾ പാവതി കാലം ഇത് അത്ര പിടിക്കത്തില്ല ഇത്ര എളുപ്പം വരുമ്പോൾ ഞാനോ പാവതി കാലം ഇതിനെ മേഖാനിക്കുമ്പോൾ കൊള്ള